ം തസ്മാതി പൂർവക്ഷങ്ങളെല്ലാം നിഷേധിച്ചിട്ട് അഖ്യാരിവാദി പറയേണ്ട ഇതം ഇഷ്ടം അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇത് അധ്യാസ ഇതാണ് അടുത്ത ഒരു പക്ഷം തദ്വേഗ്രഹനിബന്ധനവും ഭ്രമയിൽ അടുത്തവർഷം ഭാഷ്യാഷ്യത്തെ കം കഴിത് അന്യത്ര അന്യധർമ്മ്യാസു വരാന് പ്രശ്നം കൈസ് എത്രയധ്യസ തവേക അധ്യയന നിബന്ധി രണ്ടാമത ആ രണ്ടാമത്തെ പക്ഷം പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ പക്ഷത്തിൽ ആരോ പിടിച്ച പറഞ്ഞത് രണ്ടുപക്ഷമാണ് ഒന്നാമത്തെ പക്ഷത്തിൽ ഒന്നാമത്തെ ഇത് ആരാപ്പിടിച്ച പറഞ്ഞത് അങ്ങേത്ര അന്യധർമാധ്യാസ എന്ന് പറഞ്ഞു ആത്മഖ്യാത രണ്ടാമത് കെയജ് അത്ര വിവേകുക്തി ലോക പ്രസിദ്ധി നസൗ അനദാഖ്യാതി മന്ത്രണു ഗ്രഹീത രജതാ തസ്മൃതീതംശമോഷൻ ഗ്രഹീതമാത്രവസ്ഥാ വിവേക ഭ്രമോ വിശദീകരിക്കാണ് വിശദീകരിക്കും പറയുന്നത് ഇത് ഇനി വരാൻ പോകുന്ന അനിതാക്ഷാർ എന്ന് വെച്ച ഭ്രമം ഭ്രമത്തെ നിഷേധിക്കുന്നതാണ് നിതാക്ഷാരൻ കാർത്തിയ മാറ്റ അവർ ഭ്രമത്തെ അനുഗ്രഹിക്കും അത് നിഷേധിക്കാനാണെങ്കിൽ പറഞ്ഞു യസ്മിൻ ശുദ്ധികളത് യസ്മിൻ എന്നുള്ളത് യെസ് അധ്യാസ രജതാഗിയുടെ അധ്യാസ ഇത് ലോകപ്രസിദ്ധി ഇത് ലോകന് പറയുന്നതല്ല അധ്യാസമുണ്ടെന്ന് അഖ്യാതമായി അംഗീകരിക്കില്ല ലോകരങ്ങനെ പറയുന്നു സുഖികയും രജതം അധ്യസിച്ചിരിക്കുന്നു അത് ലോകപ്രസിദ്ധമാണ് നാസവും അന്യതാഖ്യാതി നിബന്ധന ഇത് അന്യതാഖ്യാതി കൊണ്ട് വരുന്നത് അതാണെന്ന് മനസ്സിലാക്കി കാ കാര്ത്തികന്മാര് പറയുന്നത് പോലെ അല്ല പിന്നെ എന്താണ് ഹിന്ദു മറിച്ച് ഗ്രഹീതരജിതാതെ തത്സ്മരണസ്ഥിര നമ്മെന്ത ചെയ്യുന്നു ഗ്രഹീതര നമ്മിതത്തിന്റെ പ്രത്യക്ഷം ഉണ്ടായി തത്സ്മരണസ്ഥിര പിന്നീട് അതിന്റെ സ്മരണയുണ്ടായി രണ്ട് കാര്യങ്ങളാണ് ആദ്യ രേതത്തിൻ്റെ പ്രത്യക്ഷമുണ്ടായി അത് കഴിഞ്ഞ രേതത്തിൻ്റെ സ്മരണ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രഹീതതാംശപ്രമോഷേണ അതിന് ഗ്രഹീതാംശം എന്ന് പറയുന്ന തതാംശംശം അതിനെ ഉദ്ദേശിക്കും അതിനിച്ചിട്ട് ഗ്രഹീതമാത്ര ഗ്രഹീതമാ ാണ് രജതം എന്നുള്ള സ്മൃതി അതൊക്കെ തദ്രജതം എന്ന് പറയുന്നതിന് അർഹതം ശക്തമിട്ടിട്ട് രചതം എന്നുള്ള ആ സ്മരണം ഗുരീത മാത്ര സിയൊരു യാക്കൊണ്ടത് മുന്നോട്ട് അന്വേഷിക്കാനുള്ളതാണ് ഇതമിതി പുരോഗസ്ഥിതാ ധ്രുവീ മാത്ര ആ സ്മരണയെ ഇതമിതി പുരോഗസ്ഥിതൃവ്യമാത്ര ഇതം എന്ന് മുൻപിക്കാണുന്ന വസ്തുഹിത വസ്തു എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് വസ്തു എന്നുള്ളത് തത്പ്രജ്ഞ ആ സ്ഥാവിൻ്റെ ജ്ഞാനം ഇത് എന്ന് പറയുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ ഇന്ന് മുമ്പിൽ കിടക്കുന്ന ഒരു വസ്തു പിന്നെ അറിവ് രണ്ട് കാര്യങ്ങളിൽ നിന്നും എന്താണ് ഗുരഹീത മാത്രസ്ഥ രജിതസ്മൃതിയുടെ യ വിവേകാന്ന് അന്വേഷിക്കും മുമ്പിൽ ഒന്ന് യായി ശേഷം വരുന്ന വിവേകമായിട്ട് യ വിവേക ഏതൊരു ഭേദജ്ഞാനമാണ് ഏക തമ്മിലെ ഭേദജ്ഞാനം രജതം സ്മൃതി മുമ്പിൽ കിടക്കുന്ന വസ്തു പിന്നെ ജ്ഞാനം ഇവയുടെ ഭേദജ്ഞാനം വിവേക തദ്ഗ്രഹ്രഹണ നിബന്ധന അത് ഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ടുവരുന്നതാണ് ധർമ്മം ഇന്നത്തെ ലോകപ്രസിദ്ധമായ ഇപ്പോ മുമ്പിൽ കാണുന്ന എന്താണ് ആ വിഷയം ഇത് വസ്തുവിനെയും ദുരിതത്തെയും വെളുപ്പിച്ചറിയുന്നില്ല ഇത് ഇത് കണ്ടിട്ടുണ്ടാകുന്ന ആൾ പ്രത്യക്ഷ ജ്ഞാനത്തെയും ഇന്ന് രജത സ്മൃതി അതിനെയും പ്രകൃതി ചെയ്യുന്നു അതിനാണ് വിവേകാഗ്രഹം എന്ന് പറയുന്നത് ഭേദാഗ്രഹം വിവേകാഗ്രഹം ഇതരഭേദാഗ്രഹം എന്നൊരർത്ഥമാണ് പരഭാഷകളൊക്കെ ഭേദാഗ്രഹം എന്ന് പറയാം അല്ലെങ്കിൽ വിവേകാഗ്രഹം എന്ന് പറയാണെങ്കിൽ അതാണ് ഭ്രഹം ഒന്ന് ലോകർ പറഹ്മെന്ന് ലോകർ പറയുന്ന ഭ്രമം എന്നാണ് ഭ്രാന്തത്വം <t> ഗ്രഹണസ്വ <linguistic and> ഇതരേതര സാമാനാധികു രജതാദി വിവര ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ് ഇതെന്ന് പറയുന്നത് ആക്കാർ പറയുന്നത് ഭ്രാന്തിയാണ് ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രാന്തി ഉണ്ടായ ചരനയോ ഗ്രഹണസ്മരണയോഹോ ഇതരേതര സാമാനാധികു സ്മൃതി അതിനെയും പ്രത്യക്ഷം പ്രത്യക്ഷത്തിൽ ഒരേ വിഭക്തി പറയുക അങ്ങനെ ഇതം രജതം ഇതം പ്രത്യക്ഷമാണ് രജതസ്തൃതിയൊ പ്രത്യക്ഷത്തെയും ഒരേ വിഭക്തി പറയുന്നതിന് സമാനാധിക അതുകൊണ്ടാണ് അവിടെ ഭ്രമം എന്ന് പറയുന്നത് അല്ല അവിടെ ഭ്രമം എന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ ഈ പറയുന്ന സമാനാധികളു അതാണ് വും സ്വന്തവും തമ്മിലുക ഇതരേതര സമാനാധികം പരസ്പര സമാന വിഭക്തി പറയുക പറയുക പിന്നെ രജതാദി വ്യവഹാരം രജതാദി പ്രവൃത്തി എടുക്കാനുള്ള പ്രവൃത്തി അതിനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഭ്രാന്തിജ്ഞാന് ഭ്രാന്തി എന്ന് പറഞ്ഞ് പറയുന്നതിന് ദോഷമൊന്നുമില്ല പക്ഷെ ഭ്രാന്തിജ്ഞാന് ഇത്രയും അഖ്യാതിവാദമാണ് കഴിഞ്ഞു വിശേഷം പ്രധാനമന്ത്യായി ഒന്നാണ് അത്ര അപരിദുഷ്യന്ത ഈ പറഞ്ഞതൊന്നും സന്തോഷമില്ലാത്തവരായി ഇതിനും അവർക്ക് സന്തോഷം അവർ പറയുന്നാണ് അടുത്ത ഭാഷയത്തിൽ വരുന്ന യത്രസ തപരീതധർമ്മസൽപ്പം ആഗ്രേധർമ്മേണ അദ്ദേഹത്തിൽ അതേ വിശദീകരിക്കുന്ന യും അധ്യായെന്ന് പറയുന്നത് ഭ്രമം എന്ന് പറയുന്നത് വിഭേദമായി പറയുന്ന രീതി ശബ്ദപ്പെടുന്ന പോലും വിധം പറയുന്നത് പിന്നെ മനസ്സിലാകുന്ന പ്രവൃത്തികളെയാണ് ഭ്രഹ്മുന്നത് ജ്ഞാനത്തെ അല്ല അത്യാവശ്യം പ്രത്യേകതയായിട്ട് എന്താണ് ജ്ഞാനത്തിൽ ഭ്രഹങ്ങളാണ് ഇത് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ശങ്കരാചാര്യ അറിയിക്കുന്ന പോലെ എന്തായാലും പറയുന്ന ഒരു സ്ഥലത്ത് ഭാഷത്തിന്റെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എന്താണ് ജ്ഞാനത്തിൽ ഭ്രമം എന്തായാലും എന്താണ് സ്വപ്നം കാണുന്നു വളരെ അണതും എന്ന് പറയുന്നത് സ്വപ്നം ഭ്രമമാണ് എന്തുകൊണ്ടാ സ്വപ്നം ഭ്രമം പറയുന്നത് ാണ് സത്യം ഭ്രഹ എന്തുകൊണ്ടാണ് സത്യം ഭ്രഹം അതായത് സത്യത്തിൽ ഉണർന്നു വരുമ്പോ സത്രത്തിന് ജാഗ്രത്തിലേക്ക് ഉണർന്ന് വരുമ്പോ സത്യത്തിൽ കാണുന്ന ആനയും കുതിരയും എല്ലാം നമ്മള് നിഷേധിക്കുന്നു കാരണം ഇതിൽ ഒന്ന് കാണുന്നു പിന്നെ ആരായിട്ട് വന്നപ്പോ ഉറക്കത്തിലാണ് സത്യങ്ങൾ താൻ ഉറങ്ങി കിടക്കുമ്പോൾ സ്വപ്നം ഉണ്ടായിരുന്നു തൻ്റെ ഉള്ളിലാണ് പറഞ്ഞത് അപ്പം തൻ്റെ ഉള്ളിൽ ഒരു ആനയ്ക്കോ കുതിരയ്ക്കോ ഒന്ന് കയറിയിൽ എന്തൊരു ചിന്തിക്കുന്നു എല്ലാം നിശയം ചിന്തിക്കും പിന്നെ താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ ആകാശത്തോടി പറഞ്ഞു ചിലവുള്ള ചിലതും പറഞ്ഞു ഉണരുന്നു ചിന്തിക്കുകയും ശരിക്കും നടക്കുന്നതായിരുന്നു അവിടെ എന്തൊക്കെ വിഷയാനുഭവങ്ങൾ ഉണ്ടായതോ അതിനേക്കും വിഷയം അതുകൊണ്ടാണ് സ്വത്തനം ബ്രഹ്മ ലക്ഷണെന്താണോ ഇത് പൂർണ്ണമായും ശരിയല്ല എന്തുകൊണ്ട് ശരിയില്ല സ്വത്തനത്തിൽ നിങ്ങൾക്കൊരു ജ്ഞാനമുണ്ടായി ആനയെ കണ്ടൊരു ജ്ഞാനമുണ്ടായി ജ്ഞാനത്തെ നമുക്ക് ആർന്നിട്ട് നിഷേധിക്കാൻ പറ്റുമോ കേട്ടില്ല ഞാൻ സ്വപ്നത്തിലാണ് കേട്ടില്ല ായിരുന്നു അത് എന്തുകൊണ്ട് അവിടെ ശ്രമവും പറയാൻ കഴിയത്തില്ല കൃത്യമായിരുന്നു അനുഭവം അനുഭവം ഏ പ്രത്യക്ഷമായ അറി യഥാർത്ഥമാണ് പെട്ടത്തിന് ബ്രഹ്മമായിട്ടറിഞ്ഞാൽ പക്ഷെ ബ്രഹ്മ അല്ല എന്നാണ് പാഷ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സത്യകളെന്ന് പറഞ്ഞില്ല ഓൺലൈനു ശേഷം സത്യകളെന്ന് പറഞ്ഞു ഓൺലൈനു ശേഷം അത് സത്യകന് പറയാൻ പറ്റില്ല അത് പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എനിക്ക് സ്വപ്നജ്ഞാനം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റും സ്വപ്നജ്ഞാനം സ്വപ്നമാകുന്ന ജ്ഞാനം എനിക്ക് ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോ സ്വപ്നം ജ്ഞാനത്തിന്റെ ആ ഉണ്മയും നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ നിഷേധിക്കേണ്ട എന്തിനാണ് ആനയും കുതിര എന്തിനാണ് നിഷേധിക്കുന്നത് പുത്രം ഞാനത്തിന് ഒരു ഉമ്മയുണ്ടാകും ഞാനുണ്ടായിട്ടുണ്ടോ സ്വപ്നം കണ്ടോ കണ്ടില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ ചെറിയ കണ്ടില്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ലല്ലോ കണ്ടില്ല എന്ന് നിഷേധിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് സ്വപ്നം ഉള്ളതാണല്ലോ സ്വപ്നം ഉള്ളതാണെന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്നില്ല നേരത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുള്ളതാണ് ആ സ്വപ്നം കണ്ടില്ല എന്ന് കണ്ടതിന് ശേഷം ഒരാൾക്ക് പറയാൻ പറ്റുമോ സ്വത്തിന് ഇത്ര ഞാൻ സ്വപ്നം കണ്ടില്ല എന്ന് തുണർന്നിട്ട് ഇല്ലാത്ത പറയാൻ പറ്റൂ സ്വപ്നം കണ്ട തുണർന്നിട്ട് പറയാൻ പറ്റൂ സ്വപ്നം കണ്ടില്ല സ്വപ്നത്തിന് നിഷേധിക്കുന്നുണ്ടോ അത് സത്യമാണോ സത്യമാണോ സ്വപ്നം കണ്ടില്ല എന്ന ആർക്കും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ സ്വപ്നത്തെ നേരത്തെ നിഷേധിക്കാതിരിക്കാൻ പറ്റില്ല സ്വപ്നം സത്യമായിരുന്നില്ല എന്താ നമ്മൾ നിഷേധിക്കുന്ന ആന സുദ്ര അതൊന്നും ഇപ്പം തന്നെ ആപ്നം സത്യം ആണ് ഇനി ഒരു പടിയൂടെ ഒന്ന് കടന്ന് ചിന്തിച്ചു നോക്കുക ഈ സ്വപ്നത്തിൽ ആനയും കുരേ എന്നൊക്കെ പറയുന്നത് എന്താണ് സ്വപ്നത്തിലെ ആന കുതിരക്ക് എന്താണ് അതൊക്കെ സ്വപ്നം ജ്ഞാനമാണ് ജ്ഞാനം അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കുതിരയെ കണ്ടാലും ആനയെ കണ്ടാലും ഇതിനെ കണ്ടാലും എന്താണ് സ്വപ്നം ആണ് ആണോ സ്വപ്നത്തെ നിങ്ങൾക്ക് സ്വപ്നം കണ്ടില്ല എന്നൊന്ന് നിഷേധിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടത് ജ്ഞാനമാണ് ഞാനേ കുതിരയ്ക്ക് അത് ജ്ഞാനമാണ് ആണോ എന്തിനാ നിഷേധിക്കാൻ പറ്റുന്ന ദിവസത്തിനൊക്കെ എന്തിനാതിന് ശേഷമുള്ള കാര്യം തുറന്നതിന് ശേഷമുള്ള കാര്യം അതെല്ലാം അതൊന്നും വേറെ കാര്യമാണ് എങ്ങനെ സത്യമാണെന്ന് പറയുന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കി അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ ഏ ും എന്താണ് അത് നമ്മൾ ഉറഞ്ഞതിനു ശേഷം ചിന്തിക്കുമ്പോഴാണ് അത് ഞാനൊന്നും ഓരോ വിഷയം അത് ശരി അപ്പൊ നിങ്ങളുടെ സ്വപ്ന സ്വപ്നത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റി സ്വപ്നം ജാഗ്രത എന്നാണല്ലേ പറയുന്നത് സ്വപ്നം സത്യമാണോ അല്ല എന്നാണ് സ്വപ്നം ജാഗ്രത എന്തുകൊണ്ട് സത്യം അതുകൊണ്ട് സ്വപ്നത്തെ നീക്കം നിഷേധിക്കാൻ സ്വപ്നത്തെ നീന്തൽ നിഷേധിക്കാൻ വയ്യാത്ത അത് സത്യം എങ്ങനെ നിഷേധിച്ചു ഞാൻ സ്വപ്നം കണ്ടില്ലർപ്പൻ ഞാനുണ്ടായില്ലേ നിന്റെ നിഷേധിക്കാൻ പറ്റുമോ രജിസർപ്പം ഞാനുണ്ടായില്ല നിഷേധിക്കാൻ പറ്റില്ല ജ്ഞാനത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ഒരിക്കലും നിഷേധിക്കാൻ വയ്യാത്ത എന്താണോ അങ്ങനെന്ന് പറയുന്നത് സത്യം ഒരിക്കലും നിഷേധിക്കാൻ വയ്യാത്തതിനാണ് അപ്പോ ഏതിനൊരു ഭ്രമത്തെടുത്ത നിഷേധിക്കാൻ പറ്റിയൊരു ബ്രഹ്മേത് ഭ്രഹ്മുണ്ട് അങ്ങനെയൊന്നില്ലാതെ ആവുമ്പോഴത്തേക്ക് എന്താണോ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നേ ഇല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒന്നും ഇല്ല എല്ലാ ജ്ഞാനവും എന്താണ് അസത്യമാണ് എല്ലാ ജ്ഞാനവും സത്യമാണെങ്കിലും ഭ്രാന്തി എന്ന് പറയുന്നത് ഇല്ല അതാണ് പറയുന്നത് സർവം ബ്രഹ്മമയം എല്ലാം ബ്രഹ്മമാണ് എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ അസത്യം വരും ഭ്രാന്തി വരും അത് അതും ഉള്ളത് തന്നെ ഇപ്പൊ മനസ്സിലായ സത്യമായിരിക്കും ഞാൻ പറഞ്ഞില്ല സത്യമായി വരാനൊന്നും പറഞ്ഞില്ല ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഓരോന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞു അതാ സത്യം എന്തോ വരാൻ പോയി പിന്നെ അതൊന്നും പ്രതീക്ഷിക്കും ഈ പറഞ്ഞ മനസ്സിലാക്കി അപ്പോ ഈ ഭാഗത്ത് ശങ്കരാചാര്യം മറ്റൊരു തരത്തിൽ അംഗീകരിക്കുന്നു ഈ പറഞ്ഞ രീതിയിലല്ല അങ്ങനെ അംഗീകരിക്കാനെന്ന് പറയാൻ പറ്റുമോ സർവം ബ്രഹ്മ എല്ലാം ബ്രഹ്മമാണ് അദ്വൈതം രണ്ടാവുന്നില്ല എന്നൊക്കെ അതാണ് പറയുന്നത് എന്താണ് ബ്രഹ്മസത്യം ജഗത്സത്യം എല്ലാം സത്യമാണ് അത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി പല പല പ്രക്രിയ പ്രക്രിയ പ്രക്രിയ ഭേദം അദ്ദേഹത്തെ വിശദീകരിക്കുന്ന രീതികൾ ഇങ്ങനെ വിശദീകരിക്കുക അങ്ങനെ വിശദീകരിക്കുക അപ്പൊ എങ്ങനെയും അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല അറിവനുസരിച്ച് ഇത് എങ്ങനെയും വ്യാഖ്യാനിക്കും ഗുരു പറയുന്നത് അദ്വൈതമാണെങ്കിൽ അവിടെ നമുക്കത് എങ്ങനെയാണോ വ്യാഖ്യാനിക്കാം ഈ പറയുന്ന പ്രക്രിയയിലൂടെയൊക്കെ വ്യാഖ്യാനിക്കും അത് വ്യാഖ്യാനിക്കുന്നതിന്റെ വഴിവാണ് അപ്പോ സ്വപ്ന എന്ന് പറയുമെങ്കിൽ ഭ്രാന്തി അല്ല സത്യമാണ് അതിലെ മാത്രമേ ഉള്ളൂ വ്യക്തിയായിട്ടൊന്നും അതെല്ലാത്തിനും സംഗ്രഹരക്ക് അറിയാൻ യാത്ര കാര്യമല്ല മനസ്സിലായി പക്ഷേ സംഗ്രഹകര പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതല്ല ഇതൊക്കെ ചില അപൂർവ സന്ദർഭങ്ങൾ എല്ലായിടത്തും ഒന്നും പറയൂ എല്ലായിടത്തും എന്താണ് ബ്രഹ്മസത്യം നിങ്ങൾക്ക് വിജയ ചൂടാമണി വായിച്ചു വേണ്ടി ഇത് മനസ്സിലാക്കും മനസ്സിലായി നിങ്ങൾക്ക് ഭാഷ അങ്ങോട്ടൊന്ന് കടന്നു പോയാലേ ഇതൊക്കെ നിങ്ങള് ആൾക്കാര് സ്റ്റേ ചെയ്യുന്ന പ്രസംഗിക്കുന്നതായിട്ട് അതാണ് ചെയ്യുന്ന ധരിച്ചല്ല ഇതും അത് ചെയ്തു അതുകൊണ്ടല്ലേ സ്റ്റേ പോയി കാഴ്ച അത് വേണമല്ലോ എല്ലാ ജീവിക്കാൻ പറ്റും കാര്യങ്ങൾ നടക്കുന്നത് പ്രയോജനമില്ലാന്നൊന്നും പറയാം ലോകം നമ്മൾ എന്താണ് കൊറേ സാധനമാണ് എങ്ങനെ പ്രസംഗം ചെയ്യണം എന്തുമാത്രം ആശയമുണ്ടാക്കുന്നു കഴിയില്ലാത്ത ആശയം പറയുന്നത് പ്രയോജനമില്ലാത്ത കഴിവുള്ളവർ കാശുണ്ടാകുന്നത് ഇതും പറഞ്ഞു കാര്യം കാര്യം പറയും അതറിയാമോ മാജിക്ക് വേണ്ടി കാശുണ്ടാകും അതറിയാം അതും അറിയത്തില്ല ഇങ്ങനെയൊക്കെ പറയാം എന്നുണ്ടാവും പക്ഷെ അത് സുധാകരൻ എന്ന് പറയുന്ന പോലെയട്ട അദ്വൈതവാദികളുടെ അനുമോചനീയഖ അഖ്യാദി സ്വീകരിക്കുന്നവരാണ് ഭ്രമത്തെ അംഗീകരിക്കുന്നവരാണ് ഭ്രമത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്വൈതയിൽ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ പോയി അദ്വൈതത്തെയും മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ഇപ്പൊ പ്രഭാകര പറയുന്നതിനനുസരിച്ച് ഗാന്ധി എന്ന് പറയുന്നത് ലോകത് പറയുന്ന ഒരു കാര്യമാണ് അതും എന്താണ് ഞാനേ യഥാർത്ഥമേ ഉള്ളൂ പിന്നെ ഭൂമി നിശ്ചലമാണെന്ന് നമുക്ക് ഭൂമിയുടെ വലുപ്പം കൊണ്ട് നമുക്ക് ഇതെന്താണോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്സിപ്റ്റ് ഭൂമി നിശ്ചലമാണെന്നുള്ള നമ്മുടെ ഈ അനുഭവം സത്യമാണ് എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചു നമ്മളെ സംബന്ധിച്ചെന്താണ് നിശ്ചലമാണ് പിന്നെ സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമുക്കൊരവുണ്ടാവുന്നു ഭൂമി കറങ്ങുന്നു അതും സത്യമാണ് ഇതും സത്യമാണ് എന്ത് സത്യവും പറഞ്ഞ അനുഭവം ഭൂമി പടിഞ്ഞാറന്ന് കഴക്കോട്ട് തിരിക്കുന്നൊണ്ടാണ് സൂര്യൻ കഴക്കുന്നത് പടിഞ്ഞാറോട്ട് വരുന്ന സയൻസ് അത് സയൻസിന് മനസിലാകുമ്പോഴാണ് ഭൂമിയാണ് പറയുന്നത് സൂര്യനല്ല അത് സത്യവും ഇല്ല സൂര്യന് കറന്ന് നമ്മൾ കാണണില്ലേ നമ്മുടെ അനുഭവം അനുഭവം സത്യമാണ് നമ്മൾ അതിനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റും സൂര്യൻ കറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും സൂര്യന്റെ സൂര്യൻ കറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നത് പറയാൻ പറ്റും ഭൂമി ചലിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും ഈ അനുഭവങ്ങളെല്ലാം തന്നെ എന്താണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ അദ്ദേഹം അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്ത അനുഭവങ്ങളുണ്ട് പക്ഷെ അനുഭവങ്ങളെല്ലാം എന്താണ് സത്യമാണ് ഇതാണ് ആചാര്യമായിട്ട് അല്ല ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത് ഉണ്ടാവണം വ്യത്യസ്ത അനുഭവങ്ങളെ നിങ്ങൾ ഒന്നിനെടുത്തിട്ട് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്തിട്ട് പറയുക സയൻസ് പഠിച്ചിട്ട് സൂര്യൻ കറങ്ങുന്നു എന്നൊരു ഭ്രാന്തിയാണ് ഒരിക്കലും അല്ല സൂര്യൻ കറങ്ങുന്നു എന്നൊരു നമ്മുടെ അനുഭവമാണ് അതിനുള്ള കാരണങ്ങൾ വലുതായി കാരണങ്ങൾ വലുതായി നിങ്ങൾ കറങ്ങുന്നില്ല എന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവും അത് ശരിയാണ് ഇപ്പൊ നമുക്കുണ്ടാകുന്ന ഈ അനുഭവം എന്താണ് സൂര്യൻ കറങ്ങുന്നു എന്നുള്ളത് ഇതും നമ്മുടെ അനുഭവമാണ് ഇത് സക്ഷ്യമാണ് നിങ്ങൾ സയൻസ് പഠിച്ചിട്ട് പറയാനുള്ള കറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതും സക്ഷ്യമാണ് അങ്ങനെ ഒന്നിനെ ഭ്രാന്തിയും ഒന്നിനെ സത്യവുമായി ഇല്ല എന്നാണ് ആര് പറയുന്നത് എല്ലാം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങൾക്ക് ഉണ്ടാക്കി അനുഭവങ്ങളാണ് ഒരു അനുഭവത്തെ നിങ്ങൾക്ക് വ്യത്യസ്ത അനുഭവങ്ങളൊന്നും ഉണ്ടാകെ സത്യം അസൃഷ്ടെന്ന് പറയാൻ കഴിയില്ല മനസ്സിലാകും ഇത് ഒന്നാച്ചല്ലേ റെക്കോർഡ് ചെയ്യാം here for the most I don't know